ജനങ്ങൾക്ക് മാർഗദർശനമായി അത് മുൻപേ അവതരിപ്പിച്ചു ഫുർക്കാനും അവൻ അവതരിപ്പിച്ചു അള്ളാഹു സുബഹാനുഹുവറ്റ ആലായുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് അള്ളാഹു സുബഹാനുഹുവറ്റ ആല പ്രതാപശാലിയും പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു